അപ്പൊ പ്രഥമ ലക്ഷണം ഏതാണോ മുരന്താ ദോഷം ദ്വിതീയ ലക്ഷണം അവിടെ എന്താണ് ദോഷം കർമ്മകർത്തൃവിരോധം തൃതീയം അവിടെ എന്താ ദോഷം സ്വജാതി പ്രവാസ പ്രവാശിയെന്ന് പറയുമ്പോൾ അടുത്തത് എന്താണ് അടുത്തത് പ്രകാശം അവിടെ എന്താ ദോഷം വന്നത് പ്രദീപത്തിൽ ഞാനും എടുത്തപ്പോ എന്തോന്നു പിന്നെ അടുത്ത ദോഷം പറഞ്ഞെന്താണ് സ്വ്യവഹാരേതത്വം ഏതിൻ്റെ വിശേഷണം പറഞ്ഞാ എന്ത് വരുന്നു ഉപലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ ദോഷം ഉപലക്ഷണമെന്ന് പറഞ്ഞാൽ എന്താ ദോഷം ഉപലക്ഷണം ആണെന്ന് പറഞ്ഞാൽ എന്താ ദോഷം ഉപലക്ഷിതമായ പ്രവാസത്തിൽ ഉപലക്ഷിതത്വം വരും വിശേഷണമാണെങ്കിൽ എങ്ങനെ കുത്തിപ്രളയത്തിൽ കാണത്തില്ല ഉപലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവസ്ഥ എങ്ങനെ ഉപലക്ഷിതത്വത്തെ ഉപലക്ഷണമായി പറഞ്ഞാൽ ഉപലക്ഷിതത്വത്തെ ഉപലക്ഷണമായി പറഞ്ഞാൽ ദാ ദോഷം ഉപലക്ഷിതത്വത്തെ ഉപലക്ഷണമായി പറഞ്ഞാൽ എന്താ ദോഷം പ്രകാശം വീണ്ടും ഉപലക്ഷിതമാവും ഉപലക്ഷണത്വം വരും വീണ്ടും ഉപലക്ഷണത്വത്തെ സംബന്ധിച്ച് ചോദ്യം വരും ഉപലക്ഷണത്വം ഉപലക്ഷിതത്വം ഉപലക്ഷിതത്വം വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ചോദ്യം വരും അത് ഉപലക്ഷണമാണോ വിശേഷണമാണോ അങ്ങനെയുള്ള ചോദ്യം വരും ഉപലക്ഷണം എന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഉപലക്ഷിതത്വം വരും ഇവിടെ അത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിനെ സംബന്ധിച്ച് ചോദ്യം വരും എന്ത് ചോദ്യം ഇപ്പൊ രണ്ടും ഒഴിവാക്കിയിട്ട് സ്വരൂപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണത്തിനും ലക്ഷ്യത്തിനും വ്യത്യാസമുണ്ട് ലക്ഷ്യം എന്താണ് ഇവിടെ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ ജ്ഞാനം ലക്ഷണമോ പ്രകാശം ഇവിടെ സ്വരൂപമാത്രത്യേതു പ്രകാശ ഇത് ഇവിടെ പലർക്കും തെറ്റുപറ്റ ജ്ഞാനം പ്രകാശ ഇത്യവസ്യ അത് പ്രകാശ ഇതിൽ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ ലക്ഷ്യം ലക്ഷണമോ കാശം എന്ന് പറയുന്നതോ പക്ഷെ നമ്മുടെ ലക്ഷ്യത്തെയും ലക്ഷണത്തെയും പറഞ്ഞപ്പോ ഞാൻ ശബ്ദം ഉപയോഗിച്ചല്ല സ്വ്യവഹാരഹേതു പ്രകാശത്വം എന്ന് പറഞ്ഞു ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ സ്വപ്രകാശ ചിതാത്മ അവിടെ സ്വപ്രകാശം പറഞ്ഞു ഞാൻ ശബ്ദമേ വന്നില്ല പിന്നിടെ എവിടെ നിന്ന് ഞാൻ ശബ്ദം വന്നു സ്വഹാര ഏത് ദിവസത്തി പ്രകാശത്വം വന്നില്ലേ അത് പോയില്ലേ ഇപ്പൊ ഏതൊത്തമൊക്കെ പോയില്ലേ ജ്ഞാന ശബ്ദം ഇല്ലല്ലോ അവിടെ ഇരുന്നൂട്ടെ ജ്ഞാനവ്യവഹാരേതത്വ സതി പ്രകാശത്വം തന്നെ പറഞ്ഞു അത് വിശേഷണം മാത്രല്ലേ ഏ അതിന് ഉപലക്ഷണമായി എടുക്കുമ്പോൾ അത് പോയില്ലേ ഉപലക്ഷണമായിട്ട് എടുത്താലും എന്തെടുത്താലും ദോഷം വന്നു അത് പോയില്ലേ പിന്നെ അതുണ്ടവിടെ ഉപലക്ഷണമായിട്ട് എടുക്കുമ്പോൾ ദോഷം വന്നുകൊണ്ട് അത് പോയി പ്രകാശം മാത്രമായില്ലേ ഉപലക്ഷണമായി എടുത്തപ്പോ ദോഷം വന്നു അത് പോയില്ലേ പിന്നെ പ്രകാശം മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഞാനും ഉണ്ടോ ജ്ഞാന വ്യവഹാര ഏതത്വത്തെ പ്രകാശമായിട്ട് അല്ല വിശേഷമായിട്ടെടുത്താലും ഉപലക്ഷണമായിട്ടെടുത്താലും സ്വരൂപമായിട്ടെടുത്താലും അത് പോകും എന്നല്ലേ പറഞ്ഞത് പിന്നെ അത് കാണുമെന്ന് പറഞ്ഞോ ഇവിടെ എന്താ പറഞ്ഞത് സ്വരൂപ മാത്രത്വേ ഞാനം പ്രകാശം ഏതെന്റ സ്വരൂപം ഏതാണ് സ്വരൂപമാവുന്നത് സ്വ്യവഹാരം ചെയ്തു പിന്നെ അതവിടെ ഉണ്ടാ സ്വരൂപമായി കഴിഞ്ഞുണ്ടോ സ്വരൂപമായി കഴിഞ്ഞാൽ സ്വകാര ഏതത്വം പിന്നെ ഉണ്ടോ സ്വ എന്നുള്ളതിനെന്ത് ചേർത്താലും അതിനെ പ്രകാശത്തിൻ്റെ സ്വരൂപമാക്കിയാൽ പിന്നെ അതവിടെ ഉണ്ടോ പിന്നെവിടെ ഞാനെവിടെയുണ്ട് എവിടെയെങ്കിലും ജ്ഞാനം പറഞ്ഞിരുന്നോ എന്ന് പറഞ്ഞ് ഇവിടെ വരുമോ ആ സ്വപ്രകാശം എന്ന് പറയുന്ന ലക്ഷ്യം അത് ജ്ഞാനമാണ് അദ്വിതയെ സംബന്ധിച്ച് സ്വപ്രകാശം എന്ന് പറയുന്നത് എന്താണോ ജ്ഞാനമാണ് ഇനി മുമ്പോട്ടൊക്കെ ചെല്ലുമ്പോൾ സ്വപ്രകാശം എന്ന് പറയുന്നതിന് പകരം ജ്ഞാനം എന്ന് പറയും അപ്പോ ജ്ഞാനം പ്രകാശ എന്ന് പറയുന്നിടത്ത് ജ്ഞാനം എന്ന് ലക്ഷ്യം പ്രകാശ എന്ന് പറയുന്നത് ലക്ഷണം കാരണം ലക്ഷണത്തിലിവിടെ ശേഷിച്ചെന്താണോ പ്രകാശം ലക്ഷണത്തിന് ശേഷിച്ചത് പ്രകാശം എന്തുകൊണ്ട് പ്രകാശേഷിച്ചു എന്തുകൊണ്ട് പ്രകാശം ശേഷിച്ചോ ഏ എങ്ങനെങ്ങനെ സ്വകാര്യ ഹേതത്തെ വിശേഷമായി എടുത്താലും ഉപലക്ഷണമായി എടുത്താലും അത് പ്രയോജനമില്ല അത് ലക്ഷണമാകത്തില്ല ദോഷം വരും അപ്പം അത് വിട്ടു സ്വരൂപമായിട്ടെടുത്താൽ പിന്നെ ശേഷിക്കുന്നത് എന്താണ് പ്രകാശമാണ് അപ്പൊ ലക്ഷണമായിട്ട് ഇപ്പം ശേഷിക്കുന്ന എന്താ പ്രകാശം ലക്ഷ്യം എന്താണോ ജ്ഞാനം സ്വപ്രകാശം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിനെയാണ് ജ്ഞാനത്തിനെയാണ് സ്വപ്രകാശം എന്ന് അപ്പോ ജ്ഞാനം പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്റെ അർത്ഥം ലക്ഷ്യം പ്രകാശമാണോ സ്വപ്രകാശം പ്രകാശമാണോ സ്വപ്രകാശം എന്ന് പറയുന്നതിന് പകരം ജ്ഞാനോന്ന് പറഞ്ഞു പറയുന്നു ഗന്ധപതി പൃഥിവി എന്ന് പറയാം ലക്ഷണം ഏതാ ലക്ഷ്യമോ പൃഥിവി എന്ന് പറഞ്ഞാൽ മാറത്തില്ല ലക്ഷ്മൻ ലക്ഷണവും മാറത്തില്ല അതുകൊണ്ട് എങ്ങനെ പറയാം രണ്ടു രീതിയിലും പറയാം പ്രകാശ ജ്ഞാനം പ്രകാശ പുല്ലിങ്ങോ പ്രകാശ ജ്ഞാനം അല്ലെങ്കിൽ എങ്ങനെ പറയാം പ്രകാശ ലക്ഷ്മൻ ലക്ഷണവും മാറോ മാറോ ഇല്ല എന്താണ് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം പ്രകാശ പ്രകാശ്ഞാനൊന്നും പറയാം പിന്നെ എന്താണ് ചോദിച്ചത് മറന്നുപോയാ എന്തിനാണ് ഉപലക്ഷണമായിട്ട് എടുത്തത് സോ വ്യവഹാര അതിന ഉപലക്ഷണമായിട്ട് എടുത്തത് എന്തിനാ ഉപലക്ഷണമായിട്ട് എടുത്തതെന്നറിയാ ഉപലക്ഷണമായിട്ടെടുത്തത് ഉപലക്ഷണമായിട്ടതിനാശത്തിന്റെ ഉപലക്ഷണ സ്വവ്യവഹാരേതു പ്രകാശത്തിന്റെ ഉപലക്ഷണമായിട്ട് എടുത്തു നീ ബാക്കി എടുത്താൽ ദോഷം പറഞ്ഞു എന്ത് ദോഷം വരും പറഞ്ഞു പ്രകാശത്തിന്റെ ഉപലക്ഷിതത്വം വരും അതിനെ ആ ഉപലക്ഷിതത്വത്തെ വിശേഷണമായോ അല്ലെങ്കിൽ ഉപലക്ഷണമായോ എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു അത് വീണ്ടും അതിന് ഉപലക്ഷണമായി എടുത്തു കഴിഞ്ഞാൽ അത് ഉപലക്ഷിതത്തിന്റെ ഉപലക്ഷിതത്തിന്റെ ഇത് വരും ഉപലക്ഷണമായി വരും എന്താണ് ആ ഉപലക്ഷിതത്വത്തെ ഉപലക്ഷിതത്വം പ്രകാശത്തിൽ വന്ന ഉപലക്ഷിതത്വം ഉപലക്ഷിതത്വം എവിടെ വരും പ്രകാശം എന്താ ഉപലക്ഷിതം ആയതുകൊണ്ട് ഉപലക്ഷിതം ആയതുകൊണ്ട് സമം എന്ത് ഉപലക്ഷിതം പ്രകാശമ അത് വിട്ടുപോകരുത് പ്രകാശസമം ഉപലക്ഷിതം ഉപലക്ഷിതം അതിനെന്ത് വരും ഉപലക്ഷിതത്വം ഉപലക്ഷിതത്വം ഉപലക്ഷിതത്തിൽ വരുവോ പ്രകാശത്തി ും ഉപലക്ഷിതത്തിൽ വരുന്നു പറഞ്ഞാലും പ്രകാശത്തിൽ വരുന്നു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ ഉപലക്ഷിതത്തിൽ വരുന്നു എന്ന് പറഞ്ഞാലും പ്രകാശത്തിൽ വരുന്നു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ ഉപലക്ഷിതമാണ് പ്രകാശം ഉപലക്ഷിതത്വം അവിടെ വന്നു എന്താ ഏതിനുപലക്ഷണമായിട്ട് എടുക്കുന്നു ഏതിന്റെ ഉപലക്ഷണമായിട്ട് എടുക്കുന്നു ഉപലക്ഷിതത്തെ അത് എവിടെ ഇരിക്കുന്നു അതിന്റെ ഉപലക്ഷണമായിട്ട് എടുക്കുന്നു കാക്കയെ ഉപലക്ഷണമായിട്ട് എടുക്കുമ്പോ ഏതിന്റെ ഉപലക്ഷണമായിട്ടെടുക്കും വീടിന്റെ അപ്പൊ ഇവിടെ ഉപലക്ഷിതത്വത്തെ നൂറ് തവണ ഉപലക്ഷണമായിട്ട് എടുത്താലും ഏതിന്റെ ഉപലക്ഷണമായിട്ടായിട്ട് എടുക്കുന്നത് ഉപലക്ഷിതത്തിണ്ട് അല്ലേ നൂറ് തവണ അതിനെ ഉപലക്ഷണമായിട്ട് എടുത്താലും എന്നിന്റെ ഉപലക്ഷണമായിട്ടെടുക്കാൻ പറ്റും ഉപക്ഷിതത്തിന്റെ അപ്പൊ വീണ്ടും വീണ്ടും ഉപലക്ഷണം എവിടെ ആയിരിക്കും ഏ ഉപീണ്ടും വീണ്ടും ഉപലക്ഷി ഉപലക്ഷണം എവിടെയായിരിക്കുന്നത് ഉപ ഉപ അവസാനം കേക്കേണ്ടത് ഉപ അതായത് ഉപലക്ഷിതത്വം എന്ന് പറയുന്നത് ഉപലക്ഷിതേ ഭവതി വാ ഉപലക്ഷിതത്വേഭവതി അതാണ് ഉപലക്ഷിതേ ഭവതി പിന്നെന്താ സംശയം എന്തുകൊണ്ട് ഉപലക്ഷിതലക്ഷിത അതലക്ഷിതം തന്നെയാണ് മാർഗോ മ ഉപലക്ഷിതം പുനരവി തലക്ഷണം ഉപലക്ഷിതം കൂട അത്രമേക്ഷ ഉപലക്ഷണം ഉപലക്ഷിത ക്ഷണേന ഉപലക്ഷിതം സദാ ഉപലക്ഷിത അതലക്ഷിതം സദാ ഉപലക്ഷണം അങ്ങനെ ചിന്തിച്ചു മനസ്സിലാണ് മനസ്സിലായോ ഉപലക്ഷിതം ഉപലക്ഷിതം അതിന് ഉപലക്ഷണമായി സ്വീകരിച്ചത് ഉപലക്ഷിതത്വത്തെ തന്നെ സ്വീകരിക്കണം ഉപലക്ഷണമായിട്ട് ഉപലക്ഷിതത്തിന്റെ ഉപലക്ഷണമുണ്ട് ഉപലക്ഷിതത്വത്തിന് ഉപലക്ഷണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതെവിടെയായിരിക്കുന്നത് അവിടെയല്ലേ ഉപലക്ഷണമാവും നേരത്തെ പറഞ്ഞതല്ലേ അതായത് കാക്ക എവിടെയിരിക്കുന്നു വീട്ടില് അതിനെ ഉപലക്ഷണമായി സ്വീകരിച്ചാൽ എന്തിന്റെയാവും വീടിന്റെ ഉപലക്ഷിതത്വം എവിടെയിരിക്കുന്നു അപ്പൊ അതിനുപലക്ഷണമായി സ്വീകരിച്ചാൽ അതിന് ഉപലക്ഷണമാവും സംശയം ഏതാണ് ഉപലക്ഷിതത്വത്തെ ഉപലക്ഷണമായി സ്വീകരിച്ച അത് ഉപലക്ഷിതത്വത്തിന്റെ ഉപലക്ഷണമാകുമെന്നാണ് അതെന്തുകൊണ്ടാകുന്നില്ല ഉപലക്ഷിതത്വത്തെ ഉപലക്ഷണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഉപലക്ഷിതത്വത്തിന്റെ ഉപലക്ഷണമാകുന്നില്ല എന്തുകൊണ്ട് ഏദ്യം ഉപലക്ഷണ ഉപലക്ഷിതം അതിനെ ഉപലക്ഷണമാക്കി അത് ഉപലക്ഷിതത്വത്തിന്റെ ഉപലക്ഷണമാകുന്ന ഇവിടെ സംശയം അത് വരുന്നില്ല എന്തുകൊണ്ട് ഉപലക്ഷണം ഉപലക്ഷിത ആ ഉപലക്ഷിതത്തിലാണ് എന്തിരിക്കുന്നത് ഉപലക്ഷിതത്വം അതിനുപലക്ഷണമായിട്ട് ഏതിനെ സ്വീകരിക്കാൻ പറ്റൂ ഉപലക്ഷിതത്തിന്റെ ഉപലക്ഷണമായിട്ട് സ്വീകരിക്കാൻ പറ്റൂ ഉപലക്ഷിതത്വത്തിന്റെ അല്ല ഇനി ഉപലക്ഷിതത്വത്തിന് ഒരു ഉപലക്ഷണം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം അത് ഉപലക്ഷണമാകും ഉപലക്ഷിതത്വത്തിന് ഒരു ഉപലക്ഷണമായി സ്വീകരിക്കണമെങ്കിൽ ഇവിടെ സ്വീകരിക്കാൻ പറ്റും അതിന്റെ ലക്ഷണം പറയുന്നു ഒരു ഉപലക്ഷിതത്വം വരെ ഇവിടെ എത്തി നമ്മൾ ഉപലക്ഷിതത്വം ഇനി ഒരു ത്വം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിനെപ്പറേം എന്താണോ ഉപലക്ഷിതത്വത്വം ഉപലക്ഷിതത്വം ഉപലക്ഷിതത്വമല്ല ഉപലക്ഷിതത്വത്വം ആ അവസാനം പറഞ്ഞു ഉപലക്ഷിതത്വത്വം എന്തിന്റെ ഉപലക്ഷണമാവും ഉപലക്ഷിതത്തിന്റെ ഉപലക്ഷിതത്വത്തിന്റെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മുടെ ചോദ്യം എന്താണ് ഉപലക്ഷിതത്വ ഉപലക്ഷണമാണോ അല്ലയോ ആണ് എന്തിൻ്റെ അത് എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ ഉപലക്ഷിതത്തിൻ്റെ അതിനപ്പുറം നമുക്ക് ചിന്തിക്കാൻ അവസരമില്ല ഉപലക്ഷിതത്തിൻ്റെ എന്താണ് ഉപലക്ഷണമാണ് ഉപലക്ഷിതത്വം അതവിടെ ഇരിക്കത്തുള്ളു ഉപലക്ഷിതത്തിലേ ഇരിക്കത്തുള്ളു പിന്നെ അതിനെക്കുറിച്ചാണ് ചോദ്യം അതെന്താണ് വിശേഷണമാണോ ഉപലക്ഷണമാണോ സ്വരൂപമാണോ സ്വരൂപമായാൽ ഉപലക്ഷിതത്തിൻ്റെ സ്വരൂപമാകും നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എഴുതിയ നോക്കുന്നു പറയുന്ന മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഉപലക്ഷിതം പ്ലസ് ഉപലക്ഷിതത്വം അങ്ങനെ എഴുതണം പടം വരച്ചു നോക്കണം അപ്പോൾ എവിടെ വരുന്നു ഉപലക്ഷിതത്വം എന്തിൻ്റെ ഉപലക്ഷണമാകുന്നു അങ്ങനെ അവിടെ നിന്നും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല പിന്നെന്താ അങ്ങനെ സംശയമൊന്നു ഏ ഇനി സംശയമുണ്ടായിരുന്നു അനവസ്ഥ വരുന്ന ഇങ്ങനെ ഒരു ധർമ്മത്തെ എടുത്തിട്ട് അത് ഉപലക്ഷണമാണെന്ന് പറയുമ്പോൾ ഏതെൻ്റെ ഉപലക്ഷണമെന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഉപലക്ഷണമാണോ വീണ്ടും അത് പറയേണ്ടി വരുന്നു ഉപലക്ഷിതത്വവും ഉപലക്ഷണമാണ് എൻ്റെ ഉപലക്ഷിതത്തിൻ്റെ അങ്ങനെ വരുന്നിടത്താണ് അനവസ്ഥ ദോഷങ്ങൾ വിശേഷണമാണെങ്കിൽ എൻ്റെ ദോഷം വരുന്നു ഉപലക്ഷണമാണെങ്കിൽ ഉപലക്ഷിതത്വം ഉപലക്ഷണമാണെന്ന് പറഞ്ഞു എന്തിൻ്റെ ഉപലക്ഷിതത്തിൻ്റെ അതിനെ ഉപലക്ഷണമാക്കാൻ പറ്റും സ്വരൂപമെന്ന് പറഞ്ഞാൽ വേറെ ദോഷം ഉപലക്ഷണമെന്ന് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ എന്നുള്ള ചോദ്യം വരും ഉപലക്ഷിതത്തിൻ്റെ ഉപലക്ഷണമാണ് വീണ്ടും അതെന്തിന്റെ ഉപലക്ഷണം ഉപലക്ഷിതത്തിൻ്റെ അങ്ങനെ പറയാൻ പറ്റും അവരെ പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് ദോഷം പറഞ്ഞത് സ്വരൂപമാണെന്ന് പറയുമ്പോൾ സ്വവ്യവഹാരഹേതുവം പോയി വീണ്ടും പ്രകാശം മാത്രമേ ശേഷിക്കത്തുള്ളൂ സ്വരൂപം അപ്പൊ ആ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ത് പറയുന്നത് സ്വരൂപമല്ല ഉപലക്ഷണമാണ് ഉപലക്ഷണമാണെന്ന് വീണ്ടും ചോദിക്കുക ഏതെന്ത് ഉപലക്ഷണം ഉപലക്ഷിതത്തിൻ്റെ എന്ന് പറയും അത് ഉപലക്ഷണമാണ് ശരി അതുകൊണ്ട് എന്തുപലക്ഷിതമായെന്ന് ചോദിക്കും നിങ്ങൾ ഉപലക്ഷണമായി സ്വീകരിച്ചാൽ അതുകൊണ്ട് എന്താ ഉപലക്ഷിതമായത് പ്രകാശം തന്നെ അപ്പോൾ അതിലെന്ത് വരും ഉപലക്ഷിതത്വം അപ്പോൾ ആ വന്ന ഉപലക്ഷിതത്വം എന്താണ് സ്വരൂപം എന്ന് പറഞ്ഞാൽ ദോഷം അതുകൊണ്ട് ഉപലക്ഷണം സ്വീകരിക്കേണ്ടി വരും വിശേഷണം പറഞ്ഞാലും ദോഷം ഉപലക്ഷണമായി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും എന്തിൻ്റെ ഉപലക്ഷണം പ്രകാശത്തിൻ്റെ അപ്പം പ്രകാശം എന്തായി ഉപലക്ഷിതം അതുകൊണ്ട് പ്രകാശത്വം എന്തോന്നു ഉപലക്ഷിതത്വം ആ ഉപലക്ഷിതത്വം എന്താണോ വിശേഷമാണോ സ്വരൂപമാണോ ഉപലക്ഷണമാണോ ഉപലക്ഷണം ഏതെൻ്റെ ഉപലക്ഷണം പ്രകാശത്തിന്റെ അപ്പൊ പ്രകാശം എന്തായി ഉപലക്ഷിതമായി പ്രകാശത്ത് എന്ത് വന്നു ഉപലക്ഷിതത്വം വന്നാൽ വിശേഷമാണോ ഉപലക്ഷണമാണോ സ്വരൂപമാണോ മനസ്സിലായോ ഇങ്ങനെ വരും ഇങ്ങനെ വരത്തുള്ളൂ എല്ലാവർക്കും ഉപലക്ഷിതത്വത്വം അങ്ങനെ പോകത്തില്ല ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കിയോ ക്ലിയർ ആണോ ഹിന്ദി ആരെങ്കിലും വായിച്ചു നോക്കിയോ ആരും വായിച്ചു നോക്കിയില്ല ഉം വായിച്ചിട്ട് ക്ലിയറായ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ പറയുന്ന അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത് ഞാൻ പറയുന്ന അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത് മനസ്സിലായെന്നാ പറയുന്നത് ഏ മനസ്സിലാവുന്നുണ്ട് മനസ്സിലായോ എന്ന് അറിയാനാണ് ഞാൻ അത് വായിച്ചു നോക്കിയവൻ പറഞ്ഞ അതിനകത്ത് തെറ്റുണ്ട് അപ്പം നിങ്ങൾ എങ്ങനെ പറയുന്നു ഞാൻ പറയുന്നതാണ് അതിനുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കിയവരാണെങ്കിൽ ഞാൻ പറഞ്ഞത് അതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും ഞാൻ പറയുന്ന പോലെ അല്ല അത് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് വായിച്ചു നോക്കാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ വായിച്ചിട്ട് പറയുന്നു ഞാൻ പറയുന്നു അത് എഴുതിയിരിക്കുന്നത് ശരിയെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കാം പക്ഷെ ഞാൻ പറയുന്നതും അത് എഴുതിയിരിക്കുന്നു ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വായിച്ചു നോക്കാൻ പാ ഞാൻ പറയുന്നതും ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നതുമ്പോൾ വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നത് ഒരാൾക്ക് ശരിക്കും മനസ്സിലായിന്ന് എനിക്ക് പറയാൻ പറ്റൂ അപ്പോൾ ഹിന്ദി വായിച്ചാൽ മനസ്സിലാക്കുന്നവർക്കേ അത് പറ്റൂ അല്ലാത്തവർക്കത് പറ്റില്ല പക്ഷേ ഇതിന് വലിയ ഹിന്ദിയുടെ ആവശ്യമുണ്ട് സാമാന്യമായ പത്താം ക്ലാസ് വരെയുള്ള ഹിന്ദി മതി വലിയ ഹിന്ദിയുടെ ആവശ്യമുണ്ട് എനിക്ക് വലിയ ഹിന്ദി തൊട്ട് അറിയത്തു അത് ഞാൻ ഹിന്ദി വായിക്കാൻ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്ന നിങ്ങൾ ശരിക്കും ധരിക്കുന്നുണ്ടോ ധരിച്ചാൽ ഹിന്ദി വാക്ക് ജയിച്ചിട്ട് കുറേതായത് തമ്മിൽ വ്യത്യാസം കാണുന്നുണ്ടല്ലോ എന്ന് പറയും അപ്പൊ എവിടെയാ തകരാറ് എവിടെയാ മനസ്സിലാക്കിയത് ഉപലക്ഷിതത്വം യു ക്യാൻ ആസ്ക് ഇൻ ഇംഗ്ലീഷ് ദൻ ഇറ്റ് ഈസ് ബെറ്റർ ഉപലക്ഷിതത്വം ഉപലക്ഷിതത്വം യു ക്യാൻ കൺസിഡർ അസ് ഉപലക്ഷണം ഓർ വിശേഷണം Hmm. Which വിസ് എക്സാമ്പിൾ ദാറ്റ് ഇസ് ഉപലക്ഷണം കൗ Cow നോട്ട് ഉപലക്ഷിതം ഹൗസ് കൗസ് കൗ എന്നത് കൗ വട്ട് യു മീൻ House is ഉപലക്ഷിതം Hmm, in the house. Yes, that also, if you ask a question, what is that there in the house, that ദി chitattum is തശേഷണം or ഉപലക്ഷണം How can you say always that can be ഉപലക്ഷണം or വിശേഷണം Both are possible. Any example, we can say, wherever it comes. Uh, for example, this griham itself, there upalachshidattvam is there. Whether it is upalachshanam or upalachshidam, Then what will be the answer? You can say both. That upalach, chidratum, vishyashanam or upalachanam? Hmm? No, how you decide that? Always be vishyashanam. For example, a cow is there. You cannot say cow is always vishyashanam. Cow is sometimes that is vishyashanam, sometimes that is upalachanam also. Like that, any dharma in house is upalachanam or vishyashanam, like cow, crow. Crow is upalachanam sometimes, sometimes that is vishyashanam. make like that another dharmam is there in the house that is that can be upalakshanam or vishesham hmm upalakshita tum is just like crow crow is a dharmam there upalakshitam also dharmam in the house so if That is possible for crow, then possible for upalachitattu also. How can we say cow, sir? Hmm. That's ah. the capacity for the crow is there. Hmm. That capacity for the crow is there. Not, you cannot say, always there. If cow is not, uh, crow is not there? ആ ലൈക് ദറ്റ് ഇയർ ആൽസോ ഉപലക്ഷിതം ദയർ ഉപലക്ഷിതം ഇറ്റ് കെൻ ബി ദേർ ദിസ് ഇസ് കൗ ദി ഹൗസ് ഇസ് എക്സാംപൾ അത് ഉത്പത്തിക്ഷണത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ഗന്ധവത്വം എന്ന് പറയുന്നത് ഉത്പത്തിക്ഷണത്തിൽ ഇല്ല പക്ഷെ ഉപലക്ഷണമായി സ്വീകരിക്കാം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അവിടെ ഇല്ല പക്ഷെ ഉപലക്ഷണമായി സ്വീകരിക്കുക അതുകൊണ്ട് ഗന്ധവത്വം എന്ന് പറയുന്നത് ഉപലക്ഷണമായി സ്വീകരിക്കുക അത് ഇരിക്കുമ്പോൾ വിശേഷണമായിട്ടും ഇല്ലാത്തപ്പോൾ ഉപലക്ഷണമായിട്ട് പ്രകാശത്തെ ഉപലക്ഷിതമായി സ്വീകരിക്കുമ്പോൾ അതിൽ ഉപലക്ഷിതത്വം വരും പക്ഷെ പ്രകാശം എന്ന് പറയുന്നത് ജ്ഞാനമാണോ അതിലൊരു ധർമ്മവും ഇരിക്കത്തില്ല ഒരിക്കലും സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ജ്ഞാനത്തിൽ ഒന്നിനെ ഇരിക്കാൻ പറ്റില്ല കാരണം ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മമാണ് അപ്പോൾ അത് ഇരിക്കുന്ന ഒരു ധർമ്മത്തേനൂടെ പറഞ്ഞത് ഉപലക്ഷിതത്വം അത് വിശേഷണമാണോ ഉപലക്ഷണമാണോ എന്ന് ചോദിക്കുന്നു അതിൽ പ്രശ്നം എന്താ ഉപത്തിക്ഷണത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കാക്ക കാക്ക എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പറന്ന് പോകുന്നുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത് ഉപലക്ഷണമെന്ന് ഇരുന്നാ പിന്നെ ഉപലക്ഷണം എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഉപലക്ഷണത്തിൻ്റെ ലക്ഷണം എന്താണ് സത് വ്യാവർത്തകം അപ്പോഴാണത് അവിടെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് ഉപലക്ഷണം എപ്പോഴും അവിടെ വേണമെന്ന് ഇല്ല പക്ഷെ അതുകൊണ്ട് എന്താ പ്രയോജനം ഉപഗ്രഹമെന്ന് പറയുന്നത് ഉപലക്ഷിതമാകും അതുകൊണ്ട് വിശേഷണമല്ല വിശേഷണമൊക്കെ അവിടെ ഇരിക്കണം വിടമെന്ന് ഉപലക്ഷിതം എന്ന് വെച്ചാൽ അതിലൂടെയാണ് വീടിനെ തിരിച്ചറിഞ്ഞത് കാക്ക ഇല്ലെങ്കിലും വീടിനെ തിരിച്ചറിഞ്ഞ എന്തുകൊണ്ട് അത് ഉപലക്ഷിതമായതുകൊണ്ട് അതെ അവരോട് ചോദ്യം എനിക്ക് തോന്നുന്നത് അവരോട് ചോദ്യം വീട് ഉപലക്ഷിതം ആകുന്നത് കാക്കും ഇല്ലെങ്കിലും ഉപലക്ഷിതമാകാം കാക്ക വീട്ടിലെ ഇരുന്നാലും ഇല്ലെങ്കിലും ഉപലക്ഷിതമാകാം ഉപലക്ഷിതമാകും ഉപലക്ഷിതം ആകുന്നത് എപ്പോഴും ആകാം സർവ്വതാ ഉപലക്ഷിതമാകാം അതിന് എപ്പോഴാണോ കാക്കയെ ഉപലക്ഷണമായി സ്വീകരിക്കുന്നത് ഇല്ലെങ്കിൽ വരത്തില്ല അവരോട് ചോദ്യം വീട്ടിൽ കെപ്പാസിറ്റി ഇരുന്നാലേ ഉപലക്ഷിതത്വം അതിന് കിട്ടും വീട്ടിലെ കാക്ക ഇരിക്കാൻ കെപ്പാസിറ്റി ഇരുന്നാലേ അത് ഉപലക്ഷിതമാകാം അതിന് ഉപലക്ഷിതത്വം വരും എന്നാണ് വിചാരിച്ചല്ല കാക്ക ഇരിക്കുന്നതോ പോകുന്നതുമായിട്ട് ബന്ധമില്ല കാരണം ഉപലക്ഷണമായി സ്വീകരിക്കുമ്പോൾ കാക്ക ഇരിക്കുകയും ചെയ്യും പറഞ്ഞു പോകും രണ്ട് സംഭവിച്ചാലും എന്തു പറ്റൂ കാക്കയെ ഉപലക്ഷണമായി സ്വീകരിക്കാൻ പറ്റൂ സ്ഥിരം ഇരിക്കുകയല്ലേ ചെയ്യണം പറന്നും പോകണം അതുകൊണ്ട് വീട് എപ്പഴും ഉപലക്ഷിതമാകുന്നുണ്ടോ എങ്ങനെ എപ്പോഴും പറഞ്ഞാൽ ഇത് നമ്മൾ കല്പിക്കുന്നെ നമ്മളങ്ങനെ കാക്കയെ ഉപലക്ഷണമായി സ്വീകരിച്ചാൽ ഉപലക്ഷിതമാകും സ്വീകരിച്ചില്ലെങ്കിൽ അല്ല അവരങ്ങനെ ഉപലക്ഷ വീട്ടിലെ ഉപലക്ഷിതം എപ്പോഴും അതുകൊണ്ട് എപ്പോഴും ഇതിന്റെ ആവശ്യം എന്തോന്ന് ഒന്നും വിശേഷണമോ ഉപലക്ഷണമോ എപ്പോഴും ആവശ്യമില്ല എപ്പോഴാണോ ഒന്നിനെ വിശേഷണമായി സ്വീകരിക്കുന്നത് അപ്പോ എപ്പോഴാണോ ഉപലക്ഷണമായി സ്വീകരിക്കുന്ന അപ്പോ എന്തുകൊണ്ട് കാരണം ബ്രഹ്മം എന്ന് പറയുന്നതിൽ ഉപലക്ഷണവുമില്ല വിശേഷണവുമില്ല രണ്ടുമില്ല നിർധർമ്മകമാണ് പക്ഷെ എപ്പോഴാണോ അത് പരിഗണിക്കുന്നു കൺസിഡർ ചെയ്യുന്നു അപ്പോൾ വിശേഷണമാകാം ഉപലക്ഷണമാകാം അപ്പോൾ വിശേഷണമാകുമ്പോൾ ഇന്നതാണ് പ്രത്യേകത ഉപലക്ഷണമാകും അപ്പോൾ ബന്ധം പ്രതിവിയിലിരിക്കുന്നു അതെ അപ്പോൾ പറയുന്നു ഉത്പത്തിക്ഷണത്തിലില്ല ഇല്ലെങ്കിലും എന്തുവരുന്നു ഉപലക്ഷണമായി സ്വീകരിക്കാം നിങ്ങൾ ഉപലക്ഷണമായി സ്വീകരിക്കുമ്പോൾ അത് ഉപലക്ഷിതമാവും ഉപലക്ഷണമായി സ്വീകരിച്ചില്ലെങ്കിൽ അതവിടെ ഇരിക്കുന്നുയില്ല എന്നുള്ളതല്ല നിങ്ങൾ അതിനെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഉപലക്ഷിതമായി സ്വീകരിക്കുന്നത് അപ്പോലക്ഷിതത്വം വരും ആ അല്ലെങ്കിൽ വരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഉപലക്ഷിതത്വം വരേണ്ടതായി ഉപലക്ഷണം വിശേഷണം എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റാണ് അതിനെ സ്വീകരിക്കുമ്പോൾ അവിടെ ഉപലക്ഷിതത്വവും വൈശിഷ്ട്യും വരും അതില്ലെങ്കിൽ ഇല്ല അവിടെ കാക്ക ഇരിക്കുന്നു അതിനെ വിശേഷണമായി സ്വീകരിക്കുന്നില്ല ഉപലക്ഷണമായി സ്വീകരിക്കുന്നില്ല എന്നാൽ ഈ പ്രശ്നമൊന്നും വരുന്നില്ല വീട് കൊണ്ട് കാക്കയുണ്ട് രണ്ട് വസ്തുക്കൾ ഇത് ആപേക്ഷികമാണ് എപ്പോഴാണോ നമ്മളതിനെ വിശേഷണമായി സ്വീകരിക്കുന്നത് അപ്പോൾ അവിടെ വൈശിഷ്ട്യം വരും അല്ല പറയണം അവിടെ കാക്കയുടെ സംയോഗമേ ഉള്ളൂ വൈശിഷ്ട്യംന്ന് പറയുന്ന ഒരു സംബന്ധത്തെ അങ്ങനെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സംയോഗം അത്രേ ഉള്ളൂ ഏ നോട്ട് അസുഭലക്ഷണം ഉപലക്ഷണം ദാറ്റ് ഈസ് ഓക്കെ ഏ ആ ഫോർ ദീസ് ക്രോ ക്രോ ഗന്ധവത്വം ദീസ് ആൾ ആർ വിശേഷണം ഓർ ഉപലക്ഷണം ബോത് ക്രോ ഈസ് ആൾസോ വിശേഷണം ദാറ്റ് ആൾസോ ഉപലക്ഷണം എടുക്കാം പ്രതിലക്ഷിതത്വം വരും അത് ചോദിക്കാം വീണ്ടും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സമാനം പറയേണ്ടി വരും അത് വിശേഷണമാണ് ഉപലക്ഷണം രണ്ടായിട്ടും എടുക്കാം ഗന്ധത്തിന് രണ്ടായിട്ടും എടുക്കാം എങ്കിൽ തന്നെ എന്താ ഉപലക്ഷതത്വത്തെ രണ്ടായിട്ടും എടുക്കാം ഏ ഉപക്ഷത് എന്തായിട്ട് എടുക്കുന്നു അനുസരിച്ചിട്ടാണോ ഏത് ധർമ്മത്തെയും ഒന്നിനു വിശേഷണമായിട്ട് കൊടുക്കാം ഉപലക്ഷണമായിട്ട് കൊടുക്കാം ഇന്നതേ പാടുള്ളൂ ഇന്നത് പാടില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ കാക്കയെ ഉപലക്ഷണമായിട്ടും വിശേഷണമായി എടുക്കാമെങ്കിൽ ഏതിനെടുക്കാം അങ്ങനെ ഏ എങ്ങനെ എപ്പോഴും കാണത്തില്ല എപ്പോഴാണോ അതിനെ ഉപലക്ഷിതമായി സ്വീകരിക്കുന്നത് അപ്പോഴേ ഉപലക്ഷിതമായി സ്വീകരിച്ചില്ലെങ്കിൽ അവിടെ ഉപലക്ഷിതത്വം ഇല്ല കാരണം ഒന്നുകൊണ്ട് ഉപലക്ഷിതത്തിൽ എന്തിരിക്കൂ ഉപലക്ഷിതത്വം അത് ഉപലക്ഷിതമല്ലെന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ ഉപലക്ഷിതത്വം വരും അങ്ങനെ അതിനി വരാൻ പോകുന്നു അത് നമ്മള് ചർച്ച ചെയ്യില്ല അതടുത്ത് വരുന്നു അവിടെ എത്തിയില്ല അതിന് മുമ്പുള്ള വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അതുവരെ എങ്ങനെ എത്തി നമ്മള് പഠിപ്പിക്കാത്തടത്താണ് പ്രശ്നം പറയുന്നത് ഏ എങ്ങനെ എങ്ങനെ ഉപലക്ഷണത് എങ്ങനെ ഉപലക്ഷണത് അതൊരു മിസ്റ്റേക്ക് ആണ് ഉപലക്ഷണത്വം ഉപലക്ഷണത്വം ഒരിടത്തും വരുന്നില്ല ഉപലക്ഷണത്തെ ചെയ്യുന്നത് ഏഹ് ഉപലക്ഷണത്തെ കുറിച്ച് ഏതിനെ കുറിച്ച് ഉപലക്ഷിതത്വത്തെ കുറിച്ച് ആ ചർച്ച ചെയ്യുന്നു അല്ല അങ്ങനെ ഒരു പക്ഷമുണ്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നാണ് ഉപലക്ഷ ഉപലക്ഷിതത്വത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഉപലക്ഷണത്വത്തെയും ഡിസ്കസ് ചെയ്യാനൊരു ഇതുണ്ടോ കൊണ്ടുവന്ന് നിങ്ങൾ തീരുമാനിക്കണം ഇതുവരെ നിങ്ങളല്ലേ കേട്ടോണ്ടിരുന്നു ഞാൻ പറഞ്ഞല്ലേ ഉള്ളു കേട്ടവര് തീരുമാനിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം വേദം ചർച്ച ചെയ്യണം ഇത് ചർച്ച ചെയ്യാനുള്ള ഇതാണ് അങ്ങനെ ഒരു ഉപലക്ഷണത്വം ഉണ്ടെങ്കിൽ അത് എവിടെ വന്നു എങ്ങനെ വന്നു ചർച്ച ചെയ്യണം ഞാൻ റെഡിയാ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചർച്ച നടന്നു അങ്ങനെ ഒന്നുണ്ടോ അല്ലെങ്കിൽ പറയുക എങ്ങനെ വരുന്നു എങ്ങനെ വരുന്നു എന്നാലേ നമുക്ക് തെറ്റ് ശരി മനസ്സിലാക്കാൻ പറ്റൂ ചിന്തിച്ചു നോക്കണേ എങ്ങനെയാണ് വരുന്നത് ഉപലക്ഷണത്തിൽ എങ്ങനെ വന്നു എവിടെ വന്നു ഈ ചർച്ചയിൽ അതിൻ്റെ സ്ഥാനം എന്താണ് ചിന്തിച്ചിട്ട് പറയുക മനസ്സിലാക്കണമല്ലോ എന്നാൽ വെറുതെ കേട്ടിട്ട് പോകേണ്ട ഒരു സംഗതിയല്ല ഇത് ക്ലാസ്സും കേട്ടു പോകുന്നു കേക്ക സൗകര്യമുള്ളവർ എന്നിട്ട് പിന്നെ ചർച്ചയ്ക്ക് വരണം എല്ലാം കേട്ടതിന് ശേഷം ചർച്ചയ്ക്ക് വരണം മനസ്സിലാക്കിയിട്ട് ആ ഞങ്ങളിത് വായിച്ചു പറഞ്ഞതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എഴുതിയതുപോലെ തന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം തന്നെ ഒരാൾ പറഞ്ഞ് ഉപലക്ഷണത്വം ഞാൻ ഇതൊരു ഉപലക്ഷണത്വം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയുള്ളത് കണ്ടുപിടിക്കും നിങ്ങൾക്ക് ജോലിയുണ്ട്